സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുസുബാനുഹൂവറ്റ ആലായ ഭയപ്പെട്ടാൽ അവൻ നിങ്ങൾക്ക് സത്യവും അസത്യവും വേർതിരിച്ചറിയാനുള്ള വിവേകം നൽകുകയും നിങ്ങളുടെ തിന്മകൾ പുറത്തുതരികയും നിങ്ങൾക്ക് മാപ്പ് നൽകുകയും ചെയ്യും അള്ളാഹു സുബഹാനുഹൂവറ്റ ആല മഹത്തായ അനുഗ്രഹം നൽകുന്നവരാകുന്നു